ഈ സത്വാദി ഗുണങ്ങള് മൂന്നും ഇല്ലാത്തതൊന്നുമില്ല ഈ സത്വരജസ്തമ ഗുണങ്ങള് തന്നെയാണ് സ്ഥൂലമാവുമ്പോൾ പല രൂപങ്ങൾ ധരിക്കണത് അത് കഫം വാദം പിത്തം എന്ന് പറഞ്ഞ ആയുർവേദത്തിൽ ധാതുക്കൾ ത്രിധാതുക്കളായിട്ട് ധരിക്കണത് ആയുർവേദക്കാർ പറയും ഈ മൂന്നല്ലാതെ പേർ ഒരു വ്യാധി ഇല്ലയെന്നാണ് ഈ മൂന്നേ ഉള്ളൂ വ്യാധി നാലാമത് ഒന്നില്ല നാലാമത്തൊരു വ്യാധി ഇല്ല എന്നാണ് അവര് പറയണത് അവിദ്യ പരികല്നർ വൃക്ഷരുപകൽപ്പനയാർമൂലം ഇതാരം മുഴുവനും ക്രിയാ കാരക ഫലക്ഷണ ശങ്കരാചാര്യർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗാണ് ക്രിയ എന്ന് വെച്ചാൽ കർമ്മം കാരകമെന്നു വെച്ചാൽ ഇതിനുള്ളിലുള്ള കർത്തൃത്വം ഈഗോ ഫലം അതിന്ന് കിട്ടുന്നത് ഇതിങ്ങനെ സർക്കിൾ അടിച്ചുകൊണ്ടേയിരിക്കും ജയിന്റ് വീൽ ചെയ്യുന്ന ആള് ചെയ്യുന്ന പ്രവർത്തി അതിൽ ഒരു ഫലം ആ ഫലത്തിൽ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വാസന വാസനയായിക്കഴിഞ്ഞാൽ അത് അവിദ്യയാവും അവിദ്യയായിക്കഴിഞ്ഞാൽ കർമ്മമാവും കർമ്മമായി കഴിഞ്ഞാൽ പ്രവർത്തിക്കും പിന്നെയും ആ സർക്കിളുടെ ഉള്ളിൽ പോയി പോയി പോയി കുടുങ്ങും ഇതിനെ ഇങ്ങനെ പുറത്തേക്ക് ഇല്ലാതാക്കും ഭഗവാൻ തന്നെ പറഞ്ഞു ആസങ്ക ശസ്ത്രേണ ദൃഢേന ചിത്വ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഈ സംസാര വൃക്ഷത്തിന്റെ വേരു വെട്ടു എന്ന് പറഞ്ഞു എന്നിട്ട് ജനനം മരണമില്ലാത്ത ആ അന്വേഷണം ചെയ്യുന്നു പൂർണമായ പദത്തിന് നിർവാണ പദത്തിനെ അന്വേഷിക്കൂ തത്ര ത്രിഗുണാത്മക സംസാര കാരണ നിവൃത്തി അനുപത്തവും പ്രാപ്തായം യഥാ തൻ നിവൃത്തി തഥാ വക്തവ്യം എല്ലാ മൂന്ന് ഗുണങ്ങളോടുകൂടി ഇരിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അതൊന്ന് പുറത്തേക്ക് പോവാൻ ചോദ്യം വരും ആ ചോദ്യത്തിന് ഉത്തരം പറയാണ് സർവച് സർവച് ഗീതാശാസ്ത്രാർത്ഥ ഉപസംഹർത്തേതവാൻ ഏവച് സർവ വേദസ്മൃത്യർത്ഥ പുരുഷാർത്ഥം ഇച്ഛദ്വി അനുഷ്ഠേയം അർത്ഥം ചെ ബ്രാഹ്മണക്ഷത്രീയ വിഷാമിത്യാദി ആരഭ്യത്തെ അപ്പൊ ഇവിടെ ഇനി ഓരോരുത്തരും സത്വരജസ്തമോ ഗുണങ്ങൾ ഓടുകൂടി ആണ് ജനിക്കുന്നത് നമ്മൾക്ക് ശരീരവും മനസ്സും ഉള്ളപ്പോ ഈ മൂന്ന് ഗുണങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്തു ഒരു ദിവസത്തിൽ തന്നെ ഈ മൂന്ന് ഗുണങ്ങൾ മാറി മാറി വരും അത് കറക്റ്റ് ഓർഡറിൽ വന്നാൽ നല്ലത് പ്രവൃത്തി എടുക്കുമ്പോൾ രജോ വേണം പൂജ ചെയ്യാനോ ധ്യാനിക്കാനോ ഇരിക്കുമ്പോൾ സത്വ വേണം ഉറങ്ങുമ്പോൾ തമോ വേണം ഇത് സത്സംഗത്തിരിക്കുമ്പോൾ തമോ ഗുണം വരും ചെയ്യാൻ പോകുമ്പോൾ തമോ വരും അല്ലെ എന്താ ഉറക്കം വരും പൂജ ചെയ്യാനിരിക്കുമ്പോൾ തമോ ഗുണം വരും എല്ലാം ഡിസോർഡർ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴാണ് ഒരുമാതിരി ഒരു വർക്ക് ഹാളിക്കായിട്ട് ഇത് ചെയ്യണോ അത് ചെയ്യണോ കമ്പ്യൂട്ടർ എടുത്ത് ഇങ്ങനെ മൊബൈൽ ഫോൺ ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഉറക്കം വരില്ല രജോ ഗുണം വന്നു ആക്റ്റീവായി ഉറങ്ങാൻ പോയ സമയത്ത് ഡിസോർഡർ വി അത് കറക്റ്റ് സ്ഥലത്ത് കിടക്കണില്ല എന്ന അർത്ഥ ഗുണങ്ങള് അങ്ങനെയാകുമ്പോ തലയിലെഴുത്ത് അപ്പൊ എന്ത് ചെയ്യും എല്ലാത്തിനെയും അതാത് സ്ഥലത്ത് ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുത്തണമല്ലോ അല്ലേ അപ്പൊ ഈ ഗുണങ്ങളാണ് വർണ്ണാശ്രമധർമ്മത്തിനും ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശഹ തസ്യ കർത്താരമഭിമാം വിധ്യ അകർത്താരമവ്യയമെന്ന് ഭഗവാൻ മുമ്പ് പറഞ്ഞു ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറഞ്ഞത് അവനിൽ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇതിന്റെയൊക്കെ മിക്ചർ കൊണ്ട് വന്നതാണ് പക്ഷെ ഒരു കാര്യം അറിഞ്ഞോളം ഇതിൽ ആരും സത്വഗുണി മാത്രമല്ല ആരും രജോഗുണി മാത്രവുമല്ല ആരും തമോ മാത്രവുമല്ല അത് പറഞ്ഞു കഴിഞ്ഞു ഭഗവാൻ മുമ്പേ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ ഏകദേശം ഈ രീതിയിൽ വന്നതാണ് ഇതിപ്പോ ലോകത്തിൽ എവിടെ പോയി നോക്കിയാലും ഈ കാറ്റഗറിയിലുള്ള ആളുകളെയൊക്കെ നമ്മൾ കാണും ഇവിടെ നമുക്ക് ഭാരതദേശത്തിനകത്ത് ഉത്തരം യത്ത് സമുദ്ര ഹിമാദേശ ദക്ഷിണം തദ്ദേശം ഭാരതം പ്രോക്തം ഭാരതീയത്ര സന്തതി എന്നൊരു വരമ്പു വെച്ചു സമുദ്രത്തിന്റെ ഉത്തരദിക്കും ഹിമാലയത്തിന്റെ ദക്ഷിണ ദിക്കുമായിട്ടുള്ള ഈ വരമ്പിന്റെ ഉള്ളിലുള്ള ദേശത്തിനെ ഭാരതമെന്നും അവിടുത്തെ ഭാഷയെ ഭാരതി എന്നും പരാ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് നിർവചിച്ചു വെച്ചു ഇതിനകത്ത് ഈ വർണ്ണാശ്രമധർമ്മം എന്ന് പറയണത് എന്തൊക്കെ ശാസ്ത്രം പറയുമ്പോ ശാസ്ത്രം പറഞ്ഞാകണം അതിൽ രാഗമോ ദ്വേഷമോ ഒന്നുമില്ല ആ വർണ്ണാശ്രമധർമ്മം എന്ന് പറയണത് പരമ്പര പരമ്പരയായ ഋഷികൾ കൊണ്ടുവന്നു ഇതിൽ ഒരാളും വലിയവൻ ചെറിയവൻ ഒന്നുമില്ല ഇത് എന്ത് വെച്ചുകൊണ്ട് എന്ത് ആശയം വെച്ചുകൊണ്ടാണ് ഈ വർണ്ണാശ്രമധർമ്മം കൊണ്ടുവന്നത് എന്നുള്ളത് ഭഗവാൻ ഇവിടെ പറയുന്നു നോക്കിക്കൊള്ളാം എന്ത് ആശയം വെച്ചുകൊണ്ട് എന്ത് ഗുണങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന നാലു വർണ്ണങ്ങളെ കൊണ്ടുവന്നത് ഈ നാലും ഒരു സൊസൈറ്റി ലോകത്തിലുള്ള ജീവിതം നടക്കുകയില്ല അറിവിന്റെ വശം ക്ഷാത്രേജസ് വൈശ്യവൃത്തി പരിചര്യ ഈ നാലും കൂടി ചേർന്നതാണ് അതിനെ വിഭജിച്ചു പറഞ്ഞു ശരിക്കും ഒരു വ്യക്തിയിൽ തന്നെ ഈ നാലുണ്ടാവാം ഒരു വ്യക്തിയിൽ തന്നെ ഈ നാലും ഉണ്ടായാൽ ഒരു സമഗ്രതയും ഉണ്ടാവാം പക്ഷെ ഇവിടെ ജനറേഷൻ ജനറേഷൻ ആയിട്ട് ഇതൊരു പരമ്പര എത്രയോ കാലം കൊണ്ടുവന്നു അതാണ് ഈ ദേശത്തിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഏത് സ്വഭാവം വെച്ചുകൊണ്ടാണ് അങ്ങനെ വർണ്ണാശ്രമധർമ്മം കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ നിർവചിക്കണത് നോക്കാം ബ്രാഹ്മണ ക്ഷത്രിയ വിഷാം ശൂദ്രാണപരന്തപം കർമാണി സ്വഭാവപ്രഭവയേർ ഗുണൈഹീ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന നാല് വർണ്ണത്തിനും കർമ്മങ്ങളെ പ്രവിഭജിച്ചു കൊടുത്തു എങ്ങനെ പ്രവിഭജിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ അവരവരുടെ സ്വഭാവത്തിന് പ്രകൃതിക്ക് അനുസരിച്ച് ഗുണങ്ങളോടുകൂടെ അവരവരുടെ പ്രകൃതിക്കനുസരിച്ച് സ്വഭാവത്തിനനുസരിച്ച് ഇതിപ്പോ നമുക്ക് ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ എല്ലാവരിലും ഇത് വന്നുകൂടെ ഇതിപ്പോ കുടുംബത്തിൽ ഒരാളുടെ മകൻ എങ്ങനെ ഒരാളുടെ മകൻ എങ്ങനെ ജനറൽ ആയിട്ട് നമുക്ക് കാണാം ഇറ്റ് റൂഡ്സ് എക്സെപ്ഷൻസ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും എക്സെപ്ഷൻസ് എപ്പോഴും ഉണ്ടാവും ഏതോ വർണ്ണത്തിൽ ഋഷികൾ വരും ഋഷികൾ എവിടെ വേണമെങ്കിൽ വരാം അല്ലെ മനു തന്നെ പറഞ്ഞു അന്ത്യജാതപിത്തുഹു ഒരു സ്ത്രീ ഏത് ദുഷ്കുലത്തിലാണെങ്കിലും സ്ത്രീ രത്നമാണെങ്കിൽ അവിടെ തള്ളിക്കളയരുത് എടുത്തുകൊള്ളുക ഒരു രത്നം കുപ്പയിൽ കിടന്നാൽ പെറുക്കിയെടുക്കുന്ന പോലെ അതേപോലെ ജ്ഞാനി ഏതു കുലത്തിലാണെങ്കിലും അന്ത്യജന്മാരുടെ കുലത്തിലാണെങ്കിലും നായമാംസം കഴിക്കുന്നവരുടെ കുലത്തിലാണെങ്കിലും ജ്ഞാനിയെ കണ്ടു വെച്ചാൽ വീണ് നമസ്കരിക്കൂ എന്നൊക്കെ മനു പറഞ്ഞു ഇവിടെയൊന്നും രാഗദ്വേഷമോ ഒന്നും വലിപ്പം ചെറുപ്പമോ ജനറൽ ഒരു റൂൾ ഇല്ലാതെ ലോകത്തിൽ ഒരു റൂള് മാറ്റിയാൽ വേറൊരു റൂള് നമ്മൾ ആ സ്ഥലത്ത് കൊണ്ടുവെക്കും ഇപ്പൊ ഋഷികൾ പറഞ്ഞതൊക്കെ എടുത്തു കളഞ്ഞ ഇപ്പൊ നോക്കൂ വേറെ എന്തൊക്കെയോ റൂള് കൊണ്ടുവന്നിട്ട് ഇപ്പോഴും നമ്മൾ ജാതി ചോദിക്കുന്നുണ്ട് മതം ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയണം ഈ ഭേദബുദ്ധിയെ നിവർത്തിപ്പിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ നേരെ ഉള്ളിൽ പോയി വസ്തുവിനെ കാണണം കണ്ടാൽ ഭേദബുദ്ധിയൊക്കെ പോകും അല്ലാതെ പുറമേക്ക് വേദബുദ്ധിയെ നീക്കണം എന്ന് നോക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കൂടുതൽ വേദബുദ്ധി കൊണ്ടുവരികയാണ് സംവരണം ചെയ്യണം ഇത് ചെയ്യണം അത് ചെയ്യണം ഇവര് വേറെ ഇവര് വേറെ ഇത് കാറ്റഗറി ഈ കാറ്റഗറി രാഷ്ട്രീയക്കാരൊരു ജാതി ഈ മതം അവർ തന്നെ ഈ മതവും ജാതിയും ഒക്കെ പരസ്പരം കലഹിപ്പിച്ച് കാര്യം നടത്താൻ വേണ്ടിയിട്ട് നിർത്തിക്കൊണ്ടിരിക്കണം അല്ലേ എവിടെ പോണു ഇതൊക്കെ നിവർത്തിപ്പിക്കണം എല്ലാം ഒന്നാവണം ഒക്കെ കാണണം എന്താ വഴി ഒരു വ്യക്തിയും ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാവരുടെ ഉള്ളും വിദ്യാവിനയ സമ്പന്നെ ഗവിഹസ്തിനി ശുനിചൈവ സ്വഭാഗേച്ച പണ്ഡിതാ സമദർശിന ഭേദമും തോന്നലേ സകലത്തിനകത്തും ഒരേ ആത്മാവാണ് ഉള്ളതെന്നുള്ള റിയൽ ലവ് പ്രേമം ലവ് എന്ന് പറയണത് നമ്മൾ വെറുതെ വായി കൊണ്ട് പറയണം ഇപ്പൊ ആളുകൾക്ക് ലവ് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കൂടിയുള്ള മരത്തിനു ചുറ്റും ഓടണതാണ് ലവ് എന്നുള്ളതിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ആ വാക്ക് തന്നെ അശുദ്ധമായിട്ട് പോയി അല്ലേ വാക്കിന്റെ അർത്ഥം തന്നെ മാറിപ്പോയി ലവ് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലെ ഉള്ളൂന്നുള്ള മട്ടിൽ കൊണ്ടുപോയി ഡ്രെയിനേജിൽ കൊണ്ടുപോയി ഇറക്കിയത് അത് ആത്മാവിന്റെ സ്വരൂപമാണ് ധർമ്മമാണ് സമദർശിത്വമാണ് അതൊരു വികാരമല്ല ലവ് എന്ന് പറയുന്നത് വികാരമാണെന്ന് ധരിച്ചവൻ പോയി അത് ഇന്റലിജൻസാണ് പെർഫെക്റ്റ് ഇന്റലിജൻസാണ് നിങ്ങൾക്ക് എന്ത് നല്ലതോ അതേ ചെയ്യുള്ളൂ അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യലല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യലുമല്ല കുട്ടി പറയും കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യണം അമ്മയച്ചൻ എന്ന് പറഞ്ഞാൽ ആ അമ്മയച്ചന്റെ സ്നേഹം സ്നേഹമാണോ കുട്ടി പറയുന്നത് എനിക്ക് പഠിക്കുവോ ഒന്നും വേണ്ട രാവിലെ എണീറ്റാ ഒരു പെട്ടി ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നാൽ വരെ ഞാൻ പിടിക്കാം ൂണ് ഇട്ട് തന്നോളൂ ടി വിയിൽ എന്ന് പറഞ്ഞാൽ അത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതാണ് അത് കൊടുക്കണതാണോ അല്ലോ അല്ലേ നാല് ബീക്ക് കൊടുത്തിട്ട് അമ്മ പറഞ്ഞേക്കണു ഇത് സ്നേഹമാണെന്നും പറയും നമ്മൾ അവസാനം ആൻപ് പറയും അമ്മ അത് തന്നിട്ടില്ലെങ്കി ഞാൻ എന്ത് ചെയ്യുമെന്ന് അമ്മ തരേണ്ടത് തരണം അമ്മ തരേണ്ടത് തരണം കുട്ടികൾ പറയും അമ്മ എന്താ തരുക ടീച്ചർ സ്കൂളിൽ പോയപ്പോ കുട്ടി കരഞ്ഞു ഊണ് കഴിക്കണില്ല കുട്ടി എന്ത് കൊടുത്താലും കഴിക്കണില്ല ചെറിയ കുട്ടി അമ്മ തരേണ്ടത് തരണം അമ്മ തരേണ്ടത് അപ്പൊ എന്തൊക്കെയോ കൊടുത്തു നോക്കി ബിസ്ക്കറ്റ് കൊടുത്തു ചോക്ലേറ്റ് കൊടുത്തു പഴം കൊടുത്തു അപ്പോഴും അമ്മ തരേണ്ടത് തരണം ദേഷ്യം ഒന്ന് ടീച്ചർ ഒന്ന് കൊടുത്തു അപ്പൊ കുട്ടി മിണ്ടാ ഇതാണ് അമ്മ തരിക ഇതാണ് അമ്മ തരിക അനുശാസനം അല്ലേ അനുശാസനം എന്താന്ന് വെച്ചാൽ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ വികാരമല്ല ഇന്റലിജൻസാണ് അതിന് നന്മ വരണം നല്ലത് വരണം ക്ഷേമമായിട്ടിരിക്കണം അത് വിചാരിക്കുന്നു ചിലത് നല്ലതാണ് അത് നല്ലതല്ല അപ്പോ ഇന്റലിജൻസാണല്ലാവും അവിടെ സമദർശിത്വമാണ് എല്ലാറ്റിന്റെ ഉള്ളിലും ഉള്ള സത്യത്തിനെ അറിഞ്ഞുകൊണ്ട് പോയാൽ എല്ലാത്തിനും കടന്നുപോകും അദ്വൈതജ്ഞാനത്തിൽ വരുമ്പോ നവർണ്ണ നവർണാശ്രമാചാര ധർമാ നമേ ധാരണ ധ്യാന യോഗാദയോപി അനാത്മാശ്രയോഹം തദ്ദേശി ശിവ കേ വർണ്ണാശ്രമധർമ്മമോ ശരീര സംബന്ധമായോ ഒന്നും എന്നിലില്ല ഞാൻ ആത്മാവാണ് ശിവമാണ് എന്ന് പറഞ്ഞു അല്ലേ പക്ഷെ സൊസൈറ്റിയിൽ വരുമ്പോ എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഉണ്ടാവും അതിരുന്നിട്ട് പോട്ടെ ഏത് സ്റ്റിക്കർ ഒരു സ്റ്റിക്കർ ശരീരം എന്നൊരു സ്റ്റിക്കർ ഉണ്ടല്ലോ അല്ലെ ശരീരം എന്നൊരു സ്റ്റിക്കറുള്ളവരെ അതിന് എന്തെങ്കിലും ഒരു സ്റ്റിക്കറുണ്ടാവും ആ ഒരു ഭേദമില്ലാതിരിക്കണോ ഇതിനെ തരണം ചെയ്ത് ഉള്ളില് പോയാൽ ഒരു സ്റ്റിക്കറും ഇല്ല നിങ്ങൾ എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കും ഇല്ലെങ്കിൽ എല്ലാ അഴിച്ചു കളഞ്ഞ് സ്വതന്ത്രനാവും രാഗദ്വേഷം ഇല്ലാതാവും ഇപ്പോ നമ്മളിപ്പോ പറയണത് ഈ ലക്ഷണങ്ങളൊക്കെ ഈ ചാത്തുർവർണ്ണയൊക്കെ ആർക്കെങ്കിലും സ്പെഷ്യാലിറ്റി നേടാനായിട്ടല്ല ഋഷികൾ ഉണ്ടാക്കിയത് മനുഷ്യൻ ഏത് നിയമത്തിനേയും സ്വാർത്ഥത്തിന് ഉപയോഗിക്കുമെന്നുള്ളത് അവന്റെ കുഴപ്പാണ് പക്ഷെ ഋഷികൾ ആ നിയമങ്ങൾ കൊണ്ടുവന്നത് ധർമ്മം ചെയ്യാനാണ് സ്പെഷ്യാലിറ്റി ഞാൻ നിങ്ങളെക്കാളും വലിയവനാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല നീ നൻ്റെ ധർമ്മം ചെയ്യാനാണ് നീ നിന്റെ ധർമ്മം ചെയ്താൽ നിന്റെ പണി അതോടെ കവിഞ്ഞു അതിനാണ് അതുണ്ടാക്കിയത് അല്ലാതെ നീ എന്നെ എന്നെക്കാളും ഞാൻ മേലെ എന്ന് പറയാനല്ല ക്ഷത്രിയന്റെ ധർമ്മം വൈശ്യന്റെ ധർമ്മം എല്ലാം ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കി അതൊക്കെ വളരെ ഇൻറ്റിമേറ്റായിരുന്നു ശരിക്കും പറഞ്ഞ കാഞ്ചി ബ്രഹ്മചാര്യർ പറയുന്നു നമ്മളെ പല പ്രചാരം കൊണ്ട് ബുദ്ധിയിൽ ഇരുട്ട് കയറ്റിയതാണ് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്ക് വന്നു തമിഴ്നാട്ടിലൊക്കെ പല സ്ഥലത്തും ഒരു വേദപാഠശാല പോലും ബ്രാഹ്മണർ നടത്തിയ വേദപാഠശാലയേ ഇല്ല ഇപ്പോഴാണ് ബ്രാഹ്മണർ വേദപാഠശാല നടത്തുന്നത് മുമ്പ് എല്ലാ വേദപാഠശാലയും നടത്തിയിരുന്നത് നാട്ടുകൊട്ടച്ചട്ടിയാർമാരും ഇവരും ഒക്കെയാണ് പണമൊക്കെ അവരുടെയാണ് നടത്തിയതൊക്കെ അവരുടെയാണ് ചൊല്ലിക്കൊടുക്കാനും പഠിപ്പിക്കാനും മാത്രം പോകും കയ്യിലൊന്നുമില്ല അത്രയും കണക്റ്റഡ് ആയിരുന്നു കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിരുന്നു ഓരോ ധർമ്മവും കണക്റ്റഡ് ആയിരുന്നു ഒരു യാഗം ചെയ്യണമെങ്കിൽ ഈ നാല് വർണ്ണത്തിലുള്ള ആളുകളും അതിനുള്ളിൽ മിക്സ് ആവണം അവർക്ക് ഇന്നവർക്ക് ഇന്നന്നെ അധികാര ശ്രേണികളുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ ഇന്നിപ്പോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ആവശ്യവുമില്ല അതൊന്നും പറയേണ്ട ആവശ്യമില്ല ഇപ്പോ ഇപ്പോ ആന്തരികമായ ലക്ഷണങ്ങൾ മാത്രേ നമ്മളിവിടെ പറയാം അതെന്തുകൊണ്ട് ഭഗവാൻ ഇവിടെ ഈ സത്വരജസ്തമ ഗുണങ്ങൾ പറഞ്ഞ് ഗീത പറയുന്ന കാലത്തും മറ്റുമൊക്കെ അത് സ്വാഭാവികമായത് കൊണ്ട് പറഞ്ഞു അത് നമ്മള് നമ്മള് പറയാം ജന്മ ജന്മാന്തരകൃത സംസ്കാര പ്രാണിനാം വർത്തമാന ജന്മനി സ്വകാര്യാഭിമുഖത്വേന അഭിവ്യക്ത സ്വഭാവ ജന്മാന്തരത്തിലുള്ള കർമ്മം ഈ ജന്മത്തിൽ അവരുടെ പ്രകൃതി സ്വഭാവമായിട്ട് മാറി കാണപ്പെടുന്നു അതാണ് പറയണത് അപ്പൊ ബ്രാഹ്മണൻ എങ്ങനെ ഇരിക്കണം ്രാഹ്മണർ നോക്കിക്കൂട മറ്റുള്ളവർക്കും നോക്കാം എന്താണ് ലക്ഷണം ക്ഷാന്തിരാർജവമേവച്സ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവചം ഒരു ബ്രഹ്മകർമ്മ ബ്രാഹ്മണകർമ്മത്തിന്റെ സ്വഭാവം പ്രകൃതി അതിന് പുറകിൽ എന്തൊക്കെ ഉണ്ടാവണം ലക്ഷണങ്ങൾ പറയാ ഭഗവാൻ വെച്ചാൽ മനസ്സിന്റെ ശാന്തി നിയമനം മനസ്സിന്റെ അടക്കം ദമഹ ഇന്ദ്രിയ നിഗ്രഹം തപസ് എന്ന് വെച്ചാൽ നിത്യകർമാനുഷ്ഠാനം സ്വധർമ്മവർത്തിവം അതാണവിടെ തപസ്സെന്ന് വെച്ചാൽ ഇയാളുടെ ജീവിതം രാവിലെ മുതൽ രാത്രി വേറെ അനുഷ്ഠാനങ്ങളാണ് ഇയാൾക്ക് സമ്പാദിക്കാൻ അധികാരമില്ല അങ്ങനെയൊക്കെ ഒരു ഇത് കണ്ടുവച്ചു സമ്പാദിക്കാൻ അധികാരമില്ല മറ്റുള്ളവര് ഇയാളെ നോക്കണമെന്നല്ലാതെ ഇയാൾക്ക് സ്വയം സമ്പാദിക്കാനോ വ്യാപാരം ചെയ്യാനോ അധികാരമില്ല അതെ ട്രാൻസ്ക്രസി ചെയ്ത ആളുകൾ എല്ലാ കാലത്തും ഉണ്ട് മഹാഭാരതത്തെ തന്നെ നോക്കിയാൽ ദ്രോണർ ബ്രാഹ്മണനായിട്ട് ക്ഷത്രിയന്റെ ധർമ്മം കയ്യിലെടുത്തു ധനുർവിദ്യ കയ്യിലെടുത്തു യുദ്ധത്തിന് ഇറങ്ങി കൊന്നു ഇതൊക്കെ വലിയ പാപ ഇതൊന്നും ഒരു ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ടാണ് ഭീമൻ വായി തോന്നിയത് വിളിച്ചു പറയും ബ്രാഹ്മണാഥമൻ എന്ന് പറഞ്ഞിട്ട് ദ്രോണാചാര്യരെ വിളിച്ചു ഗുരുവാണെന്ന് പോലും നോക്കാതെ എന്തിനാണെന്ന് വെച്ചാൽ തോൽപ്പിക്കാൻ ചില സമയത്ത് ചീത്ത വിളിച്ചാലേ പറ്റുള്ളൂ അല്ലേ അതിനുവേണ്ടിയൊക്കെ വിളിച്ചു പറയും അപ്പോ ഈ ധർമ്മം വ്യതിക്രമിക്കുന്നവർ എല്ലാ കാലത്തും ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ പ്രകൃതി എല്ലാ കാലത്തും ഒരേപോലെയാണ് മനുഷ്യന്റെ പ്രകൃതി നമ്മൾക്ക് തോന്നും ഇന്നത്തെ കാലത്താണ് കേടുവെന്ന് പോയത് ഇന്ന കാലത്താണ് നശിച്ചു പോയത് നിങ്ങൾ പഴയ ചരിത്രം പരീക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറെയൊരു രൂപത്തിൽ ഇതേ പാർട്ടികൾ അവിടെ ഉണ്ടാവും ഇതേ ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും വേഷം മാത്രം മാറും അത്രേ ഉള്ളൂ ഒന്നും മാറില്ല എന്തുമാറും ഇതേ പ്രഭാവം ഇതേ മൂന്ന് ഗുണങ്ങൾ ഇതേ വാസന വെളിയിലുള്ള സാമഗ്രികൾ മാറുമായിരിക്കും കമ്പ്യൂട്ടർ ഇല്ല ടി ഇല്ല ഒക്കെ ഇല്ല പക്ഷെ അതിനു വേറെ വിധത്തിൽ ഇതേ പ്രകൃതി ഉണ്ടാവും നിങ്ങൾ മഹാഭാരതം എടുത്ത് നോക്കൂ നമ്മൾ ഇന്ന് എന്തൊക്കെ കുഴപ്പം പറയണോ അതൊക്കെ അതിൽ കാണാം എന്തുകൊണ്ടാണ് ഇതൊക്കെ വ്യാസൻ എഴുതി വെച്ചിരിക്കണം എന്ന് വെച്ചാൽ നമ്മളോട് പറയാതെ പറയാണ് പ്രകൃതി എല്ലാ കാലത്തും ഒരുപോലെയാണ് അതുകൊണ്ട് ഇന്ന് കാലം നശിച്ചുപോയി എല്ലാവരും നശിച്ചുപോയി ഈ കുറച്ച് വയസ്സാവുന്ന ആളുകൾക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് പിരിക്കും അവരുടെ കുട്ടിക്കാലം ബാക്കി എല്ലാ വയസ്സായ ആളുകളും പറയും ഞങ്ങളുടെ കാലം എത്ര നന്നായിരുന്നു ഈ കാലം നശിച്ചു ഞങ്ങളുടെ കാലത്തില് ചന്ദ്രൻ ഞങ്ങളുടെ കാലത്തിൽ സൂര്യൻ എല്ലാരും പറയണതാണ് നമ്മളും പറയും നമ്മളുടെ കുട്ടികൾ വലുതായ അവരും പറയും എല്ലാരും പറയും ഞങ്ങളുടെ കാലമൊക്കെ നല്ല കാലമായിരുന്നു നല്ല ക്ഷേമായിരുന്നു ധർമ്മമായിരുന്നു ഇങ്ങനെ പാലും അമൃതവും ഒഴുകിക്കൊണ്ടിരുന്നു എന്ന് പറയും അത് പഴയ കഥ അന്വേഷിച്ചു നോക്കിയാൽ അറിയാം അവരൊക്കെ എങ്ങനെ ജീവിച്ചു എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് അന്ന് എന്തൊക്കെ കുഴപ്പമുണ്ടായിരുന്നു അന്ന് അന്വേഷിച്ച ഒക്കെ വെറുതെ തോന്നുകയാണത് ഇതൊക്കെ കലികാലം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം എന്നൊക്കെ വെറുതെ പറയാ ഒരു യുഗവുമില്ല ഇത് വെറുതെ പുറത്തേക്ക് കാണുമ്പോ പ്രപഞ്ചം ദൃശ്യപ്രപഞ്ചം കണ്ണു തുറന്നു നോക്കുമ്പോ കാണുന്നു കണ്ണു മൂടിയാ പോയി ആര് കണ്ടു ചെലപ്പോ മരിച്ചാൽ നമ്മൾ ധർമാനുഷ്ഠാനത്തോടു കൂടി ഇരുന്നാൽ മരിച്ചാൽ അടുത്ത ജന്മം സത്യയുഗത്തിൽ ജനിക്കും എല്ലാ യുഗവും ഇവിടെത്തണുണ്ട് നമ്മൾ ഏത് വാസനാമണ്ഡലത്തിലിരിക്കണോ അതിനനുസരിച്ച് ജനിക്കും അല്ലാതെ ഇതൊന്നും ഒന്നിനും ഒന്നിനും ഒന്നിനു പുറകിലല്ല രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു ഒരാൾ മരിച്ചു കഴിഞ്ഞ് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ വേറെ ഒരിടത്ത് ജനിച്ചിട്ടുണ്ടാവുമോ ചോദിച്ചു മഹർഷി പറഞ്ഞു ജനിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ പത്ത് എഴുപത്തി അഞ്ച് വയസ്സുമായിട്ടുണ്ടാവുന്നു എങ്ങനെ മനസ്സിലാക്കും ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി ടൈം കോൺസെപ്റ്റ് ഒന്നും പ്രവർത്തിക്കില്ല അങ്ങട്ട് പോയി കഴിഞ്ഞാൽ ഒക്കെ മാറും ഇവിടെ ഇപ്പോ നമ്മൾ സാത്വികമായി ഈ ലോകത്തിന് പറ്റാതെ മരിച്ചാൽ അതുപോലെ ഒരു ലോകത്തിലായിരിക്കും വീണ്ടും ജനിക്കുക പ്രകൃതിയെ മാറിപ്പോവും ജസ്റ്റ് ഒരു പ്ലെയിൻ ഓഫ് എക്സിസ്റ്റൻസ് ആണ് വെറുതെ മുമ്പിൽ ഇങ്ങനെ കാണുകയാണ് പ്രതീയേത ഭാഗവതം പറഞ്ഞു ഒരു പൊരുളില്ലാതെ കാണുകയാണ് പറഞ്ഞു സ്വപ്നം പോലെ ആത്മാവൽ നോക്കിയാൽ കാണാനും ഇല്ല തദ്വിദ്യ ആത്മനോ മായാം യഥാഭാസോ യഥാതമ ആളുകൾ എന്തൊക്കെയോ പറയാണ് ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി അവിടെ ഒരു ഭൂമി അവിടെ ഒരു ലോകം അവിടെ സൃഷ്ടി ഇനി ഇവിടുന്ന് വണ്ടി അയച്ചിട്ട് അങ്ങടേക്ക് പോകാൻ വല്ല വഴിയുണ്ടോ നോക്കുക ചിലരൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ് മാർസിലേക്ക് പോവാനായി ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞാ മാർസിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ഒരാള് പത്ത് എത്രയോ കോടിയൊക്കെ കൊടുത്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അയാൾക്ക് എൺപത്തി വയസ്സായി കഴിഞ്ഞു മോഹം ഇതാണ് മോഹം എൺപത്തി അഞ്ച് വയസ്സായ ആള് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞ് മാർച്ചിലേക്ക് പോവാൻ ബുക്ക് ചെയ്ത് വെച്ചിട്ട് ഇരിക്കണെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള ഉള്ളിലിരിപ്പ് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞ എന്താ അയാളുടെ ഉള്ളിലിരിപ്പ് നമ്മളുടെ ഭാഷ പറഞ്ഞ എന്താ അപ്പോ ഇത് ദൃശ്യപ്രപഞ്ചം എങ്ങനെ കാണുകയാണ് ഇവിടെ നമ്മളുടെ വാസനക്കനുസരിച്ച് പ്രപഞ്ചം കാണും നമ്മളുടെ സ്ഥിതിക്ക് അനുസരിച്ച് പുറത്ത് കാണും ഇവിടെയാണ് ഒക്കെ ശരിയാക്കേണ്ടത് ഇവിടെയാണ് പ്രപഞ്ചം മുഴുവൻ ഇവിടെയുണ്ട് ലോകം മുഴുവൻ ഇവിടെയുണ്ട് വാസനകളും സംസ്കാരങ്ങളും മണ്ഡംഗലങ്ങളും സത്വ യുഗ സത്യയുഗവും രജോ ദ്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എല്ലാ യുഗം ഇവിടെയുണ്ട് ആത്മാവിലെല്ലാം ഉദിക്കണു നിൽക്കണു അസ്തമിക്കണു ആത്മാവ് മാത്രം സത്യം സ്ക്രീനിൽ സിനിമ പോലെ കാണപ്പെടുന്നു സിനിമ വരും പോകും സ്ക്രീനിൽ ഒരു മാറ്റവും ഇതാണ് അദ്വൈതം അതുകൊണ്ട് ശമോ ദമഹ തപഹ ശൗചം ശുചിത്വം ആചാരശുദ്ധി ക്ഷാന്തി എന്തൊക്കെ വിഷമം വന്നാൽ സഹിക്കുക ആർജവം സ്ട്രേറ്റ് ഫോർവേഡ് ഋജുഭാവം ജ്ഞാനം ശാസ്ത്രം പറയുന്നതിനെ കുറിച്ച് നല്ല ദൃഢമായ അറിവ് വിജ്ഞാനം അതിനെ അനുഭവജ്ഞാനം ധർമ്മശാസ്ത്രത്തിലാണെങ്കിലും അനുഭവജ്ഞാനം വേദാന്ത വിഷയത്തിലാണെങ്കിലും അനുഭവജ്ഞാനം ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം നല്ല ഭക്തി വേദം ഭഗവാനിൽ നിന്ന് തോന്നിയതാണെന്നും അത് പരമപ്രമാണമാണെന്നും അത് മനുഷ്യബുദ്ധികൽപിതമല്ലെന്നും അത് അപൗരുഷേയമാണെന്നും അതെന്തു അത് സത്യമാണെന്നും ഒരു ശ്രദ്ധ ഉണ്ടായിക്കഴിയുമ്പോൾ അത് പറയണത് അനുസരിക്കാൻ വളരെ എളുപ്പമാവും കുട്ടിക്ക് അമ്മയോട് പ്രേമുണ്ടെങ്കിൽ പ്രിയമുണ്ടെങ്കിൽ ഭക്തി ഉണ്ടെങ്കിൽ അമ്മ എന്തു പറയണോ അത് ആ കുട്ടി അതുപടി കേൾക്കും അമ്മയുടെ ഉള്ളു വേദനിപ്പിക്കരുത് എന്ന് തോന്നും ഇല്ലേ അതുപോലെയാണ് ആസ്തിക്യബുദ്ധിയുള്ള ഒരാൾക്ക് വേദി കർമാണി അഫലപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ താത്വ്യർപ്പിതാനേ സമനുചരൻ യാൈഷ്കർമ്മ്യമീശ മാർ നിഷിദ്ധേ കുഹചിതപി മനഃകർമ്മവാചാം പ്രവൃത്തി വേദം പറഞ്ഞത് മുഴുവൻ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല വേദം ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാതിരുന്നാൽ മതി അതിനാണ് പ്രാമുഖ്യം വേദം ചെയ്യുക എന്ന് പറഞ്ഞത് ചെയ്യണതിനേക്കാളും ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യാതിരിക്കണതിനാണ് മുഖ്യത്വം ഈ ചെയ്യെന്ന് പറയണത് പോലും ചെയ്യാതിരിക്ക ചെയ്യരുത് എന്ന് പറയുന്ന ചില കാര്യങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേദം പറയണത് എന്നാണ് ഭാഗവതം അപ്പൊ അതിലുള്ള ശ്രദ്ധ അതിലുള്ള ഭക്തി ആസ്തിക്യം എന്നു പേര് ആ ആസ്തിക്യം ഇതൊക്കെ ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ഒരു പരമ്പരയിൽ ഒരു ഗുരു പരമ്പരയിൽ ഒരു ശ്രദ്ധ ആസ്തിക്യം മനോ ശാന്തം ഇന്ദ്രിയങ്ങൾ ശാന്തം തപസ്സുണ്ട് ശൗചമുണ്ട് സമയാസമയത്തിന് സ്നാത സ്നാനാദികൾ നിർവഹിക്കും ആവശ്യമില്ലാതെ പരസമ്പർക്കം ചെയ്യില്ല പരസ്പർശം ചെയ്യില്ല ഇതൊക്കെ ശൌചത്തിൻ്റെ ഇതാണ് ശൗചം ആർജവം ഋജുഭാവം ഉള്ളിലൊന്ന് വെളിയിലൊന്ന് കാപ്പട്യം വ്യാപാര ബുദ്ധി ഇതിൽ നിന്ന് എന്ത് കിട്ടും ചിന്തിക്കല് ഒരുപാട് ലയേഴ്സ് ചിത്രത്തിൽ ഉണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണനെ അല്ല ആർജവമേവച്ച് ജ്ഞാനം ശാസ്ത്രത്തിനെ ദൃഢമായ അറിവ് വിജ്ഞാനം അതിൽ രണ്ടു വശം ധർമ്മശാസ്ത്രത്തിൽ അനുഭവമും വേദാന്തശാസ്ത്രത്തിൽ അനുഭവം വിജ്ഞാനം ഇപ്പൊ ഇതിനൊക്കെ ബേസിക്ക് എന്താ ആസ്തിക്യം ഇത് സത്യമാണ് ആസ്തിക്യം സ്വഭാവം ആഗമാർത്ഥേഷു ബ്രഹ്മകർമ്മ സ്വഭാവം ആസ്തിക്യം അസ്ഥിഭാവ് അത് സത്യമാണെന്നുള്ള ഭാവം ഇതൊക്കെ പറഞ്ഞു ഇനിയിപ്പൊ ക്ഷത്രിയ ശൗര്യം തേജോധൃദാക്ഷ്യം യുദ്ധേ ചാപ്യപലായവം ശൗര്യം ക്ഷത്രിയൻ എങ്ങനെ ഉണ്ടാവണം നല്ല ശൗര്യം ഉണ്ടാവണം അതുപോലെ തേജസ് തേജസ് എന്ന് വെച്ചാൽ ആരെങ്കിലും കണ്ട മങ്ങിപ്പോവരുത് വെള്ളക്കാരനെ കണ്ടപ്പോ മങ്ങിപ്പോയി ഇല്ലേ നാരായണ ഗുരുവിന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിച്ച ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റാ ഈ വെള്ളക്കാരെ ആകപ്പെടാൻ കുറച്ചു പേരുണ്ട് നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും കൂടെ ഒന്ന് നീട്ടി തുപ്പിയാൽ മുങ്ങിപ്പോവാനുള്ള ആളുകളല്ലേ അവരുള്ളൂ എന്ന് ചോദിച്ചു അപ്പൊ നാരായണഗുരുസ്വാമി പറഞ്ഞു അത്രേ അതിനെന്ത് ചെയ്യും വെള്ളക്ക സായിപ്പിനെ കാണുമ്പോഴേ ഇവന് വായിൽ തുപ്പലൊക്കെ വറ്റിപ്പോകുവല്ലോ നമ്മളെ പറയാതെ പറഞ്ഞതാണ് നമ്മൾക്കുള്ള യോഗ്യത സായിപ്പിനെ കാണുമ്പോ തന്നെ ഇവന്റെ വായിലുള്ള തുപ്പലൊക്കെ വറ്റിപ്പോകുവല്ലോ എന്താണെന്ന് വെച്ചാൽ തേജസ് എന്ന് പറഞ്ഞാൽ അതാണ് അനഭിഭവത്വം കൃഷ്ണൻ സ്തനാപുരത്തിലെ സഭയിലേക്ക് പോകുമ്പോൾ ദുര്യോധനൻ എല്ലാവരോടും പറഞ്ഞു ഈ യാദവച്ചക്കനെ അപമാനിക്കണം ഒരുത്തനും എഴുന്നേറ്റ് നിൽക്കരുത് എല്ലാവരും അവരവരുടെ ആസനത്തിലിരിക്കുക അവൻ വന്നാൽ ഒരുത്തനും വന്നു എന്ന് ഗണിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞു വെച്ചു ദൂതിന് പോകുമ്പോൾ അപ്പം ഭഗവാൻ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം ദുര്യോധനാണ് എഴുന്നേറ്റ് നിന്നത് പിന്നെ എല്ലാവരും എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ആ സംഭവം ഇൻസിഡൻറ്റും ഒക്കെ കഴിഞ്ഞ ശേഷം അവസാന ആളുകളെയൊക്കെ വിളിച്ചു ചോദിച്ചുത്ര നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റു അയ്യോ അങ്ങ് ഞങ്ങൾ പിന്നെ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആദ്യം എഴുന്നേറ്റത് ദുര്യോധനനാണ് അല്ലേ അതാണ് തേജസ് എന്ന് വെച്ചാൽ തപസ് ഉണ്ടെങ്കിൽ ധർമ്മനിഷ്ഠ ഉണ്ടെങ്കിൽ അനുഷ്ഠാനം ഉണ്ടെങ്കിൽ നമ്മൾ പറയണത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരാളും അത് തെറ്റെന്ന് പറയാൻ കൈപോക്കില്ല വിവേകാനന്ദ സ്വാമി പല ടോക്കിലും വളരെ ശൗര്യമായിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിത്ത് വതച്ചത് അദ്ദേഹമാണ് അപ്പോ ഒരു ആള് ചോദിച്ചു ഇന്റർവ്യൂല് There is a political fire in your talk suppose if somebody shoots you some english man if he shoots you what will you do or or or edakari stree thana chodcha appo swami parnung not a single english man is born to penetrate this heart with his bullet adhe eeshwaran thaniki thana niyogamaanu ennulla dhairyamana le appo adhe തേജസ് ആണത് അനഭിഭവത്വം ഒന്നുകൊണ്ടും ചലിക്കില്ല താൻ ചെയ്യേണ്ടത് എവിടെയാണെങ്കിലും ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ സന്യാസി കയ്യിൽ പണമില്ലാതെ ഇവിടുന്ന് കടൽ കടന്നു അവിടെ പോയി എവിടേക്കോ കിടന്ന് ആ ഷിക്കാഗോ മഹാസഭയിലെ ഏഴായിരം പേരുള്ളപ്പോ ആ സദസ് തന്നെ അവർ കൂടിയത് ക്രിസ്തു എംപയർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വേറെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ലേ അതിന്റെ ഇടയിൽ ഈ ഒന്നുമല്ലാത്ത ഒരു കാഷായക്കാരനുള്ളിൽ കയറി ഒരു ബുദ്ധഭിക്ഷു ധർമ്മപാലം എന്ന് പറഞ്ഞ ഒരാളും കയറി ഇവര് രണ്ടുപേരും അങ്ങോട്ട് മേലേക്ക് വന്നു അവര് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നടന്നു പോയത് അതോ എന്ത് പ്രസംഗശൈലി കൊണ്ടോ ഒന്നുമല്ല വിവേകാനന്ദന്റെ പ്രസംഗത്തിനെ കുറിച്ച് നമ്മളൊക്കെ പറയും പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗമായിരുന്നു അത് മദ്രാസിൽ അദ്ദേഹത്തിനെ ഒരു പ്രസംഗിച്ചൊന്ന് ഒരു ട്രയൽ നടത്തി നോക്കി ഫെയിലുവറായി അപ്പൊ എല്ലാരും പറയുകയും ചെയ്തു അങ് എങ്ങനെ പോയി അവിടെ പോയിട്ട് പറയാം അത് ഈശ്വരന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് ശാരദാ ശാരദാബുജ വദനാ വദനാംബുജെ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങി എന്ന് പിന്നീട് ഒരിടത്ത് പറയണ്ടത്